ും അവന്റെ ആളുകളും സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്ക് തെക്കേശു സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീവച്ച് ചുട്ടുകളിരുന്നു അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീവച്ച് ചുറ്റിരിക്കുന്നതുമതും ഭാര്യമാരെയും പുത്രിപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതുമതും കണ്ടുകൊണ്ടു അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരവാൻ ബലമില്ലാതാക്കു ഇസ്രയേൽ കരുത്തി അഹിനോവോ കർമേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബിഗൈ എന്നീ ദാവീദിന്റെ രണ്ട് ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ട് പോയിരുന്നു വലിയ കഷ്ടത്തിലായി ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താൻ തന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കെറിയണമെന്ന് ജനം പറഞ്ഞു ദാവീദോ തന്റെ ദൈവമായ ഹോവിയിൽ ധൈര്യപ്പെട്ടു ദാവീദ് അഹീമലേഖിന്റെ മകനായ അബിയാഥാർ പുരോഹിതനോട് ഇവിടെ കൊണ്ടുവരിക എന്ന് പറഞ്ഞു അബ്യാഥാർ അടുക്കൽ കൊണ്ടുവന്നു എന്നാറേ ദാവീദ് യഹോവയോട് ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു പിന്തുടരുക നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും സകലവും വീണ്ടുകൊള്ളും എന്ന് അരളപ്പാടുണ്ടായി അങ്ങനെ ദാവീദും കൂടെയുള്ള അറുന്നൂറ് പേരും പുറപ്പെട്ട് ബസോർ തോട്ടിങ്കൽ എത്തി ശേഷമുള്ളവർ അവിടെ താമസിച്ചു ബസോർത്തോട് കടപ്പാൻ കഴിയാത്തവണ്ണം ക്ഷീണിച്ചിട്ട് താമസിച്ചതുകൊണ്ട് ദാവീദും പിന്തുടർന്ന് ചെന്നു അവർ വയലിൽ വെച്ച് ഒരു മിശ്രീമിനെ കണ്ടുവന്നു ദാവീദിന്റെ അടുക്കൽ കൊണ്ടുചെന്നു അവന് അപ്പം കൊടുത്തൂത്തു അവൻ തിന്നു അവന് കുടിപ്പാൻ വെള്ളവും കൊടുത്തു അവർ അവന് ഒരു കഷ്ണം അത്തിയടയും രണ്ട് ഉണക്ക മുന്തിരിക്കുലയും കൊടുത്തു അത് തിന്നപ്പോൾ അവന് ഉയർ വീണു മൂന്ന് രാവും മൂന്ന് പകലും അവൻ ആഹാരം കഴിക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്തിട്ടില്ലായിരുന്നു ദാവിതവനോട് നീ ആരുടെ ആൾ എവിടത്തുകാരൻ എന്ന് ചോദിച്ചതിന് അവൻ അവൻ ഞാൻ ഒരു മിശ്രക്കാരൻ ഒരു അമാലേക്കൃത്യൻ മൂന്ന് ദിവസം മുമ്പേ എനിക്ക് ദീനം പിടിച്ചതുകൊണ്ട് എന്റെ യജമാനൻ എന്നെ ഉപേക്ഷിച്ചു കളഞ്ഞു ഞങ്ങൾ ക്രേത്യറുടെ തെക്കേ നാടും യഹൂദ്യദേശവും കാലേബിന്റെ തെക്കേ ദിക്കും ആക്രമിച്ചു സിക്ലാഗ് ഞങ്ങൾ തീവച് ചുട്ടുകളു ദാവിദ് അവനോട് അപ്പിശയുടെ അടുക്കിലേക്കെ നീ വഴി കാണിച്ചു തരുമോ എന്ന് ചോദിച്ചതിനവൻ നീ എന്നെ കൊല്ലുകയോ എന്റെ യജമാനന്റെ കയ്യിൽ ഏൽപ്പിക്കുകയോ ചെയ്യുകയില്ലെന്നു ദൈവനാമത്തിൽ എന്നോട് സത്യം ചെയ്താൽ ആ പരീക്ഷയുടെ അടുക്കിലേക്കെ വഴി കാണിച്ചു തരാം എന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവനെ കൂട്ടിക്കൊണ്ടിരുന്നപ്പോൾ അവർ ഭൂതലത്തെങ്ങും പരന്ന് തിന്നുകയും കുടിക്കുകയും ഫിലിസ്തീയദേശത്തു നിന്നും യഹൂദ ദേശത്ത് നിന്നും അപഹരിച്ച് കൊണ്ടുവന്ന വലിയ കൊള്ളനിമിത്തം ഉത്സവം ഘോഷിക്കുകയും കണ്ടു. കണ്ടുകൊണ്ടു ദാവിദ്വരെ സന്ധ്യ മുതൽ പിറ്റേന്നാൾ വൈകുന്നേരം വരെ സംഹരിച്ചു ഒട്ടകപ്പുറത്ത് കയറിയ ഓടിച്ചു പോയ നാനൂറ് ബാല്യക്കാരല്ലാതെ അവരിലൊരുത്തനും ഒഴിഞ്ഞുപോയില്ല അമാലേക്ക് അപഹരിച്ചുകൊണ്ടുപോയിരുന്നതൊക്കെയും ദാവീദ് വീണ്ടുകൊണ്ടു തന്റെ രണ്ട് ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല ദാവീദ് എല്ലാം മടക്കി കൊണ്ടുപോന്നു ദാവീദ് ആടുമാടുകളെയൊക്കെയും പിടിച്ചു അവയെ അവർ തങ്ങളുടെ നാൽക്കാലികൾക്ക് മുമ്പായി തെളിച്ച് നടത്തിക്കൊണ്ട് ഇത് ദാവീദിന്റെ കൊള്ള എന്നു പറഞ്ഞു ദാവീദിനോടു കൂടെ പോകുവാൻ കഴിയാത്തവണ്ണം ക്ഷീണിച്ചിട്ട് ബസോർ തോട്ടിങ്കൽ താമസിച്ചിരുന്ന ഇരുന്നൂറ് പേരുടെ അടുക്കൽ ദാവീദ് എത്തിയപ്പോൾ അവർ ദാവീദിനെയും കൂടെയുള്ള ജനത്തെയും എതിരേച്ചു ചെന്നിരുന്നു ജനത്തിന്റെ സമീപത്തു വന്ന് അവരോട് കുശലം ചോദിച്ചു എന്നാൽ ദാവീദിനോടു കൂടെ പോയിരുന്നവരിൽ ദുഷ്ടരും നീചരുമായ ഏവരും ഇവർ നമ്മോടുകൂടെ പോരാഞ്ഞതിനാൽ നാം വിടിവിച്ചു കൊണ്ടുവന്ന കൊള്ളയിൽ ഓരോരുത്തന്റെ ഭാര്യയെയും മക്കളെയും ഒഴികെ അവർക്ക് ഒന്നും കൊടുക്കരുത് അവരെ അവർ കൂട്ടിക്കൊണ്ടുപോയിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ദാവീത് എന്റെ സഹോദരന്മാരെ നമ്മെ രക്ഷിക്കുകയും നമ്മുടെ നേരെ വന്നിരുന്ന പരിശേ നമ്മുടെ കൈയിൽ ഏൽപ്പിക്കുകയും ചെയ്ത യഹോവ നമുക്ക് തന്നിട്ടുള്ളതിനെക്കൊണ്ട് നിങ്ങളിങ്ങനെ ചെയ്യരുത് ഈ കാര്യത്തിൽ നിങ്ങളുടെ വാക്ക് ആർ സമ്മതിക്കും യുദ്ധത്തിന് പോകുന്നവന്റെ ഓഹരിയും സമാനങ്ങൾക്കരികെ താമസിക്കുന്നവന്റെ ഓഹരിയും ഒരുപോലെ ആയിരിക്കണം അവർ സമാശമായി ഭാഗിച്ചെടുക്കണം എന്ന് പറഞ്ഞു അന്നുമുതൽ കാര്യം അങ്ങനെ തന്നെ നടപ്പായി അവനത് ഇസ്രയേലിന് ഇന്നുവരെയുള്ള ചട്ടവും നിയമവും ആക്കിയിരിക്കും സിക്ലാഗിൽ വന്ന ശേഷം യഹൂദ മൂപ്പന്മാരായ തന്റെ സ്നേഹിതന്മാർക്ക് കൊള്ളയിലൊരംശം കൊടുത്തയച്ചു ഇതാ യഹോവയുടെ ശത്രുക്കളെ കൊള്ളയിട്ടതിൽ നിന്ന് നിങ്ങൾക്കൊരു സമ്മാനം എന്ന് പറഞ്ഞു ബെഥലിലുള്ളവർക്കും തെക്കേ രാമോത്തിലുള്ളവർക്കും യഥീരിലുള്ളവർക്കും അരോവേരിലുള്ളവർക്കും സിഫ്മോത്തിലുള്ളവർക്കും എസ്തേമോവയിലുള്ളവർക്കും രാഖാവിലുള്ളവർക്കുംപം യരമല്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കുംപും കേന്യരുടെ പട്ടണങ്ങളിലുള്ളവർക്കുംപും ഹോർമയിലുള്ളവർക്കും പും കോർ ആശാനിലുള്ളവർക്കുംപും അധാക്കിലുള്ളവർക്കുംപും ഹെബ്രോനിലുള്ളവർക്കുംപും ദാവീദും അവന്റെ ആളുകളും സഞ്ചരിച്ചു വന്ന സകല സ്ഥലങ്ങളിലേക്കും കൊടുത്തയച്ചു